അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ല വമൻ യുദില്ല ഫലാ ഹാദിയ ല വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അൻ മുഹമ്മദൻ നബദഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ാലാഹമ്മദിൻ ആരി മുഹമ്മദ് കെമാരി താലാ ഇബ്രാഹീമാലാ ആരി ഇബ്രാഹീം ഇന്ന കഹമീദും അമ്മാ പാതുൽ കലാമി കൽഹേത് സോലു അലൈഹി വസംരൽമോര് يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واذا اردنا ان نحلك قريهن امرنا مترفيها امرنا مترفغا ففسقوا فيها فحق عليهم القول സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സത്യസമ്പൂർണമായി നിലനിൽക്കുന്ന സമഗ്രമായ ഈ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലേക്കും വെളിച്ചം വീശിയിട്ടുണ്ട് ജീവിതത്തിന്റെ ഏതൊരു മേഖലയിലും ആ വിശുദ്ധ ഖുർഹാനിന്റെ കൽപ്പനകളെ നാം അവഗണിച്ചാൽ നാം അതിന് വളരെ വലിയ വില നൽകേണ്ടി വരും എന്നതാണ് ചരിത്രപാഠങ്ങൾ സഹോദരങ്ങളെ ഈ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെട്ട ഒരു സഹോദരൻ പറയുന്നു അദ്ദേഹത്തിന് രണ്ടര കോടി രൂപ കടമുണ്ടെന്ന് രണ്ടര കോടി രൂപ കടമുണ്ട് രണ്ടരക്കോടി രൂപ കടമുണ്ടായിട്ടും അദ്ദേഹം ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം അദ്ദേഹത്തിന്റെ കുടുംബം അനിയന്ത്രിതമായ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ഒരു പള്ളിക്ക് അദ്ദേഹം ഓഫർ നൽകിയെന്നാണ് കൊടുത്തു എന്നല്ല കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് രണ്ടര കോടി രൂപ കടമുള്ള ഒരാൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു പള്ളിക്ക് സംഭാവനയായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജീവിതത്തിന്റെ മാറ്റാവസ്ഥകളും ഉപയോഗിക്കുന്ന വാഹനവും താമസിക്കുന്ന സൗകര്യങ്ങളും എല്ലാം വേറെ ഒരുപക്ഷെ എന്തു ചെയ്താലും എന്തൊരവസ്ഥ നിലനിന്നാലും ആഡംബരത്തോടെ ആഹ്ലാദത്തോടെ സുഗലോലമായി ജീവിക്കണമെന്നാണ് ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ സാമ്പത്തിക രംഗം പരിശോധിക്കുമ്പോൾ നമുക്കിടയിലെല്ലാം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ജീവിതത്തിൽ എല്ലാവരും ഇന്നൊരുപോലെയാണ് എല്ലാ വീട്ടിലും ഒരേ നിലവാരത്തിലുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും വീടുകൾ ഒരേ നിലവാരത്തിലുള്ള വീടുകൾ ഒരുപക്ഷെ താമസി സഞ്ചരിക്കുന്ന വാഹനങ്ങളും സൌകര്യങ്ങളും എല്ലാം ആഡംബര വാഹനങ്ങളും സൌകര്യമുള്ളതുമാണ് അത് കടമാണോ പലിശയാണോ കൊള്ളയടിച്ചതാണോ മോഷ്ടിച്ചതാണോ എന്നതൊന്നും പ്രശ്നമല്ല സഹോദരങ്ങളെ എല്ലാവർക്കും സുഗലോലുപമായി ആഡംബരമായി ജീവിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർഹാനിലെ ഒരു രണ്ടു മൂന്ന് വചനങ്ങൾ ഇവിടെ പാരായണം ചെയ്ത് അർത്ഥം പറയാൻ വേണ്ടി പോകുന്നു സഹോദരങ്ങളെ അതിനു മുമ്പ് ഞാൻ പറയട്ടെ അതിശക്തമായ നരകത്തിന്റെ തീജ്വാലകളെയും അവസ്ഥകളെയും കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നു അവർ ഇകലോക ജീവിതത്തിൽ സുഗലോലുപരായി ആഡംബരപ്രിയരായി ജീവിച്ചവരായിരുന്നു എന്നാണ് അവരെ കുറിച്ച് കുറു ആൻ പറയുന്നത് ഒരുപക്ഷെ ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിൽ എന്തു തെറ്റും എന്നൊരു പക്ഷേ നമ്മൾ ചോദിച്ചേക്കാം അത് നമുക്ക് അംഗീകരിക്കാം സഹോദരങ്ങളെ പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ ജീവിതത്തിന്റെ എല്ലാ നിലയും മറന്ന് ജീവിക്കുന്നവരുണ്ട് വരുമാനം അവർക്ക് പ്രശ്നമല്ല പലിശ അവർക്ക് പ്രശ്നമല്ല സമ്പത്ത് എവിടെ നിന്ന് വരുന്നു എന്നത് പ്രശ്നമല്ല ഇങ്ങനത്തെ ഒരു സുഗലോലുപീവിതം യഥാർത്ഥത്തിൽ പുതിയ സമൂഹത്തിന്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ് ഇതുമാത്രമല്ല ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് വ്യക്തമാകാൻ സഹായകമായിരിക്കാം അതായത് വീട്ടുപകരണങ്ങൾ ഒരാവശ്യവുമില്ലാതെ ഉപകാരം നിലനിന്നുകൊണ്ടിരിക്കുന്ന വീട്ടുപകരണങ്ങൾ ആധുനിക സൗകര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചിലവെത്രയാണ് സഹോദരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾക്ക് യാതൊരു തകരാറുമില്ല എന്നാലും അത് വലിയ വില കൊടുത്ത് വീണ്ടും വീണ്ടും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ഒരു നൂറ് രൂപക്ക് കിട്ടാവുന്ന ഭക്ഷണം രണ്ടായിരം രൂപയ്ക്ക് ഒരു വലിയ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിൽ എന്തോ ഒരു നിർവൃതി കണ്ടെത്തുന്നു വരുമാനമുള്ളവർ മാത്രമല്ല വരുമാനമുള്ളവരും വരുമാനമില്ലാത്തവരുമെല്ലാം അവിടെ ഒതുങ്ങുന്നില്ല പണ്ടൊക്കെ ഏതെങ്കിലും ആഘോഷ ഒരു പെരുന്നാളിന്റെ സമയം വരുമ്പോൾ കുട്ടികൾക്കൊരു ഡ്രസ്സ് പതിവായിരുന്നു സഹോദരങ്ങൾ ഇന്ന് എവിടെയെങ്കിലും ഒരു കല്യാണമുണ്ടെങ്കിൽ അതിന് കുടുംബസമേതം പോകണമെങ്കിൽ ആ കല്യാണക്കാർ കോളുകൊള്ളുന്ന പോലെ തന്റെ മക്കൾക്കും തന്റെ കുടുംബങ്ങൾക്കും ഭാര്യമാർക്കും എല്ലാവർക്കും വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു പണത്തിന്റെ വരുമാനത്തിന്റെയോ അല്ലെങ്കിൽ ചിലവിന്റെയോ അവസ്ഥകളെ ഒന്നും പരിഗണിക്കാതെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണത്തിന്റെ വില നമുക്ക് അറിയാം പക്ഷേ എത്ര വില കൂടിയാലും വാങ്ങുന്നതിന് കുറവുണ്ടോ സഹോദരങ്ങൾ വലിയ വലിയ ജ്വല്ലറികൾ നാട്ടിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപകൾ ഓരോ വീട്ടിലും ഒരിക്കലും ചലിക്കാത്ത പുരോഗതിയില്ലാത്ത ആർക്കും ഉപകാരമില്ലാത്ത ചത്ത പണമായി കൊണ്ട് വീട്ടിൽ കിടക്കുകയാണ് സഹോദരങ്ങൾ ഇതൊരു വലിയ ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണോ നമുക്കറിയില്ല ഒരു മദായിനിൽ ഇന്നും മദായിൻ എന്നറിയപ്പെടുന്ന സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഹിജിറിലെ നബി അലൈഹി സ്വലാമിന്റെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിർഭയത്വത്തോടുകൂടെ ജീവിതത്തിലൊന്നും അവർക്ക് ഭയമില്ല ഒരു ദാരിദ്ര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല ഒരു ജീവ ഭീഷണിയെക്കുറിച്ച് അവരാലോചിച്ചില്ല എല്ലാം മറന്ന് എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തമായി നിർഭയരായി അവർ കഴിച്ചുകൂട്ടി അവരെക്കുറിച്ച് കുർആആാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ നിർഭയരായി സുഖലോലപരായി ഇവിടെയെന്നും കഴിച്ചുകൂട്ടാമെന്ന് നിങ്ങൾ വിചാരിച്ചുപോയോ നിങ്ങളെങ്ങനെ അവിടെ ഇട്ടേക്കുമോ ഈ സുഖജീവിതത്തിൽ വിജന്നാതിവയൂ നല്ല തോട്ടങ്ങളിൽ നല്ല വിളവുകൾ കൊയ്ത് നല്ല പഴങ്ങൾ കഴിച്ച് സുഖലോലായി ഇവിടുത്തെ അരുവികളിൽ കുളിച്ച് കുടിച്ച് നിങ്ങൾക്കിങ്ങനെ ജീവിച്ചു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വസുറൂൻ നല്ല കൃഷിയിടങ്ങളിൽ നെൽ നല്ല പാടങ്ങളിൽ വയലുകളിൽ സുഖലോലുപരായി ജീവിക്കാമെന്ന് ഒടിഞ്ഞു വീഴുമോ എന്ന് തോന്നാവുന്ന ഈത്തപ്പന തോട്ടങ്ങളിലും സുഖങ്ങളിലും ഇങ്ങനെ കഴിഞ്ഞൂടി പോവുന്നു വിചാരിക്കുന്നുണ്ടോ എന്നാണ് സന്തോഷപ്രമത്തരായി സുഗലോലുപന്മാരായി ഒരു പാറ തുരന്ന് ആ പാറ വീടാക്കി മാറ്റുന്ന ഭവനങ്ങളാണ് ഞങ്ങൾ താമസിക്കുന്നത് സഹോദരങ്ങൾ വീടുണ്ടാക്കണെങ്ങനെ അറിഞ്ഞു ഒരു വീടിന്റെ വലുപ്പത്തിലുള്ള പാറ തുറന്നിട്ട് വീടുണ്ടാക്കുക നല്ല ചോദിക്കുകയാണ് ഈ ഒരവസ്ഥ ഇങ്ങനെ തുടരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സഹോദരങ്ങൾ സുഖനോലപരമായ ജീവിതത്തിലേക്കുള്ള സമൂഹത്തിന്റെ മാറ്റം ഒരു ശിക്ഷയിലേക്കും നാശത്തിലേക്കുമുള്ള പ്രയാണത്തിന്റെ ആദ്യഘട്ടമാണ് ഖുറാന പറഞ്ഞു തരുന്നത് എല്ലാ നിലയും മറന്നുള്ള ജീവിതമുണ്ടല്ലോ അതൊരു നാശത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ് എന്നാണ് അതാ ഞാൻ ഓടി വെച്ച ആയത്ത് വയസ്സ് അറദിനാ അറിയത്തൻ ഒരു രാജ്യക്കാരെ നശിപ്പിക്കണമെന്ന് നാം വിചാരിച്ചാൽ അമർനാ മുത്തറഫീഹ അവിടുത്തെ സുഗലോലുപരോട് ജീവിതത്തിന്റെ എല്ലാ നിലയും മറന്നാടംബരമായി ജീവിക്കുന്നവർക്ക് ചില ആജ്ഞകളും കൽപ്പനകളും മതശാസനകളും ഞാൻ നൽകും ജീവിതത്തിന്റെ സുഖങ്ങളിൽ അതെല്ലാം അവർ തിരസ്കരിച്ച് കളയും ഉപേക്ഷിച്ച് കളയും അപ്പോൾ അവർക്ക് ശിക്ഷ സ്ഥിരപ്പെടും അങ്ങനെ ഞാൻ അവരെ നശിപ്പിച്ചു കളയുന്നുണ്ട് അപ്പൊ ജീവിതത്തിന്റെ എല്ലാ നിലയും മറന്നിട്ടുള്ള സുഖജീവിതത്തിന് മാത്രം ലക്ഷ്യം വെക്കുന്ന അവസ്ഥ ഒരു രാജ്യത്തിന്റെയും ഒരു നാടിന്റെയും പുതിയ നാശത്തിലേക്കുള്ള തുടക്കമാണ് എന്ന് സഹോദരങ്ങളെ വിശുദ്ധ കുർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് പറഞ്ഞു തരികയാണ് എത്ര ഗൌരവപരമാണ് ഈ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ അതേപോലെ തന്നെ ഇത്തരം ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൌതികമായ സുഖങ്ങൾക്ക് സഹോദരങ്ങളെ ഇസ്ലാം എതിരല്ല സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം അതിനെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല നമ്മുടെ അനുവദനീയമായ പണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തു പക്ഷെന്താ അറിയൂ ലക്ഷ്യമാതാവാൻ പറ്റൂല ലക്ഷ്യമാതായി സുഖകരമായി ജീവിക്കുക എന്നുള്ളത് മാത്രം നേരം വെളുത്തുണർന്ന് കണ്ണ് തുറന്നാൽ തന്റെ മനസ്സിൽ മറ്റൊന്നും കണക്ക് കൂട്ടാനില്ല ജീവിതത്തിലെ തന്റെ സമ്പത്തിനെ കുറിച്ചും സുഖ ജീവിതത്തെ കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്ബോധനവും ജീവിതത്തിൽ പാലിക്കാൻ പറ്റൂ എന്ന കുറവാണ് ഒന്നും പാലിക്കാൻ പറ്റൂല ഒരു ഹറാമും ഹരാലും നോക്കാൻ പറ്റൂല വക്തിന് നിസ്കരിക്കാൻ പറ്റൂല ഒന്നും പറ്റൂലെന്നാണ് അതുകൊണ്ടായിരിക്കണം ഇത്രയും വലിയൊരു ശിക്ഷയെക്കുറിച്ച് അള്ളാഹു താക്കീത് ചെയ്തത് അവരുടെ സുഗലോലുപന്മാരെ ശിക്ഷ കൊണ്ട് നാം പിടികൂടുമ്പോൾ ഇതാഹും അറൂൻ പരലോകത്ത് വെച്ച് അവർ നിലവിളിക്കും അലറി വിളിക്കും ഭൗതിക ജീവിതത്തിലെ സുഗലോലുപന്മാരെ ഞാൻ പരലോകത്ത് പിടിക്കുമ്പോൾ അവർ നിലവിളിക്കും അവൻ നിലവിളിക്കുമ്പോ പടച്ചോം പറയാണ് ഇവിടെ വെച്ച് നിലവിളി കൂട്ടരുത് നിങ്ങൾ നിങ്ങൾക്കൊരു സഹായവും ഇന്ന് ലഭിക്കപ്പെടുകയില്ല കതുക്കാനത്ത് ആയാ ദൃഷ്ടാന്തങ്ങൾ തുല അലയ്ക്കും നിങ്ങൾ കോതപ്പെട്ടിരുന്നു എന്റെ ദൃഷ്ടാന്തങ്ങൾ ഓടപ്പെട്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിന്റെ സുഗരോലുപതയിൽ മുഴുകി എന്റെ ദൃഷ്ടാന്തങ്ങളെയും എന്റെ ഉപദേശങ്ങളെയും നിങ്ങൾ കേട്ടിയില്ല വക്കും തുമ്മലാപിക്കും തങ്കെ സോൻ നിങ്ങൾ പൊങ്ങച്ചൻ തടിച്ച് അഹങ്കാരം തടിച്ച് എന്തുപദേശങ്ങൾ എന്ത് മതശാസനകൾ എന്ത് കുർആാൻ ഗ്ലാസുകൾ എന്ത് വചനങ്ങൾ എന്ത് കുർആാൻ എന്ന് നിങ്ങൾ ചോദിച്ചു ജീവിതത്തിന്റെ സുഗലോലുപതയിൽ നിങ്ങൾക്ക് അതൊന്നും ശാന്തമായി കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല എന്നല്ലേ സഹോദരങ്ങളെ സത്യല്ലേ ഇത് ഒന്ന് ആലോചിച്ചു നിങ്ങൾ കുറച്ച് സൗകര്യങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ പിന്നെ നമുക്ക് നേരല്ല ഒന്നിനും നേരല്ല നമ്മളെ തൊട്ടടുത്തിരിക്കുന്നവർ സംസാരിക്കാൻ പോലും നേരമില്ല നാലും മഞ്ചും ഫോണ് കൈപ്പിടിച്ച് സഹോദരങ്ങൾ എവിടേക്കാണ് ഈ യാത്ര എവിടേക്കാണ് പ്രയാണം എന്താണ് ഇവിടുന്ന് നമുക്ക് നേടാനും കയ്യാന്ന് എന്നിട്ട് അവയാണ് എന്റെ ഉദ്ദിഷ്ടാന്തങ്ങളും എന്റെ ഉപദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പഴഞ്ചനായി തോന്നിയില്ലേ അത് ും അതിലെന്തു കാര്യമെന്ന് നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചു മുസ്തഖി അതൊക്കെ ചില അർത്ഥശൂന്യമായ രാക്കഥകൾ എന്നാ നിങ്ങൾ പറഞ്ഞു തന്നെ ഇവിടെ പ്രയോഗം നോക്ക് നിങ്ങൾ ആ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വല്ല കൽപ്പനകളും നിയമങ്ങളൊക്കെ പറഞ്ഞെന്നാല് ജീവത്തിന്റെ ഓടിപ്പാച്ചിലുകളിൽ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയുള്ള മണ്ടിപ്പാച്ചിലിൽ എന്താണറി അതൊക്കെ ചില രാക്കഥകളായി അർത്ഥശൂന്യമായ രാക്കഥകളായി നിങ്ങൾക്ക് തോന്നിയെന്നാണ് അതുകൊണ്ട് പരലോകത്ത് കടന്ന് നിലവിളിച്ചിട്ട് കാര്യം സഹോദരങ്ങളെ സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിലല്ല നമ്മളിത് പക്ഷേ എല്ലാം മറന്ന് ഭക്ഷണം കഴിക്കാൻ നേരല്ല ഉറങ്ങാൻ നേരല്ല സ്വന്തം ഭാര്യയോടൊരു വാക്ക് പറയാൻ നേരമില്ല സ്വന്തം കുട്ടിയെ പിടിച്ചൊന്നും മടിയിൽ വയ്ക്കാൻ നേരല്ല ജീവിതസുഖങ്ങൾ വീട്ടിലിരുന്ന് ഒന്നും ശാന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ നേരല്ല എല്ലാം ഒരു അതിവേഗതയിലേക്ക് തിരിക്കുമ്പോൾ സഹോദരങ്ങളെ ആ വേഗതയിൽ നാം പരിസരങ്ങളെ മറന്നു പോകുന്ന കുറാൻ അങ്ങനെ പരിസരം മറന്നാണോ ജീവിക്കുന്നത് എന്ന് സ്വന്തങ്ങളോട് ചോദിക്കാൻ സമയമായിരിക്കും ീക്ഷണതയെക്കുറിച്ച് സൂഹത്തിൽ വാക്കയിൽ പറഞ്ഞു കൊടുത്തില്ല രണ്ടായിരത്തോ നോക്കി നിങ്ങൾ ആരാണ്പക്ഷക്കാർ ആരാണ് എന്താണ് ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ രോമകൂപങ്ങളിൽ തിളച്ചു കറയി തിളച്ചു കീറുന്ന ചുട്ടുപൊള്ളുന്ന നരകം ചുട്ടു പാനീയങ്ങൾ അതാണ് നരകം തണുപ്പില്ലാത്ത കറുത്ത കരിമ്പുകൾ ഉയരുന്ന തീനാളങ്ങൾ അതാണ് നരകം ലാബാരി അത് സുഖദായകമല്ല അതേപോലെ തന്നെ തണുപ്പ് ലഭിക്കൂല ഒരിക്കലും ഒരു കുളിര് കിട്ടാത്ത അതേപോലെ തന്നെ സുഖം നൽകാത്ത കരിമ്പുകളുടെ നരകം എന്നിട്ട് എന്താണ് ആ നരകത്തെ കുറിച്ച് അടുത്ത ആയത്തും ചേർത്തു വായിച്ചു സഹോദരങ്ങളെ ഇന്നകും കാനൂ കാലിക്കുത്രീൻ അവർ ഇതിനു മുമ്പേ നല്ല സുഖാടംബരങ്ങളോടെ ജീവിച്ചവരായിരുന്നു എന്തേലും തെറ്റുണ്ടോ സഹോദരങ്ങള് നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല ഉറങ്ങുന്നതിനും അല്പം ശീതീകരിച്ച് റൂമിൽ കിടക്കുന്നതും ആണോ ഈ പറഞ്ഞത് അതല്ലല്ലോ സഹോദരങ്ങള് ജീവിതത്തിന്റെ സുഗലോത്ഭതയ്ക്ക് വേണ്ടിയുള്ള ലക്ഷ്യം മറന്ന ജീവിതം ഇവരെ അത് അവിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു വിശ്വാസിന്റെ മുന്നിൽ ലക്ഷ്യം തരങ്ങൾ സ്വർഗാണ് സ്വർഗത്തെ ദുനിയാവിൽ കാണുന്ന ഒരാളെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ് ഈ ദുനിയാവിലെ ജീവ സൗകര്യങ്ങൾ അപ്പോഴുള്ളൊരു പ്രശ്നം എന്താച്ചാൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന സുഖങ്ങൾ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടാൻ തോന്നിക്കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടം തോന്നും ദുനിയാവിന് അപ്പുറത്തൊരു ലോകം ഉണ്ട് എന്ന് വിചാരിക്കണമെന്ന് എന്താ പ്രയാസം സഹോദരങ്ങളെ നബീസ്വല്ലാസ്വലമയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നും നമ്മൾ കേൾക്കുന്ന രംഗമാണ് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തൊരു രംഗമാണ് ഈ അഹ്സറ ബി ജംബി ഈ നബീസ്മ കിടന്നിരുന്ന ആ ചൂടിപ്പായയുടെ ഈത്തപ്പന ചൂടിയുടെ പാടുകൾ ആ വെളുത്ത ചുവന്ന ശരീരത്തിൽ പതിച്ചു കിടന്നു അപ്പൊ ആ ഇടയാളം ശരിക്കിങ്ങനെ കണ്ടപ്പോൾ പബുദ്ധതർനാഹു ഉമർ ഹത്താ പ്രതി രണ്ട് കണ്ണും ഇങ്ങനെ നനഞ്ഞു വാപ്പനെക്കാളും ഉമ്മനെക്കാളും സ്നേഹിക്കുന്ന റസൂർല്ലാന്റെ ദേഹത്ത് പായയുടെ പാടുകൾ കാണുമ്പോൾ ഞാനും നിങ്ങളും രാത്രി ഇന്നലെ എവിടെ ഉറങ്ങിന്ന് വരുന്ന ആലോചിക്കാം തെറ്റായിട്ടല്ല സഹോദരങ്ങളെ പക്ഷേ എത്ര സുഖം കിട്ടിയാലും ഇനിയും സുഖങ്ങൾക്ക് നിലമറന്ന ഹറാമും ഹലാരും പറഞ്ഞ ഓട്ടങ്ങൾക്കിടയിൽ നാം ആലോചിക്കേണ്ട ഒരു ജീവിത രംഗം ഈത്തപ്പന ചൂടിയുടെ ആ അടയാളങ്ങൾ അത് കണ്ട് രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി ബിൽ ബുക്കാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഈ കിസ്റയും പറയുന്ന അത്യുന്നതരായ ചക്രവർത്തിമാരെവിടെയാണ് റസൂലേ ഈ ലോകത്തിന്റെ പ്രവാചകനായ താങ്കൾ എവിടെയാണ് താങ്കൾ ഇരിക്കുന്ന പ്രവാചകന്റെ ദേഹത്തുള്ള പാടുകൾ ചൂണ്ടി ഉമർ ചോദിച്ചു അള്ളാഹാന്റെ റസൂൽ തിരിച്ചു വെച്ചൊരു ചോദ്യമുണ്ട് എന്താ അറിയും ആ നഷ്ടം ഒരു നഷ്ടമായി മനസ്സ് പതിയാൻ പാടില്ല ഉമറെ കിസറയും കൈസറയും അനുഭവിച്ച സുഗലോലുപമായ ജീവിതം നമുക്ക് കിട്ടിയല്ലോ എന്ന് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൂടെ ഉമർക്കിൻതർ ഉമറെ വല്ല ശെക്കും കുടുങ്ങു വല്ല സംശയവും നിനക്ക് കുടുങ്ങിപ്പോയോ എന്ത് ശെക്കാ സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത് അൻതയബ് മകനെ വല്ല സംശയവും വന്നു അള്ളാ നസൂല്ല ചോദ്യം അവർക്ക് പടച്ചോൻ നേരത്ത് കൊടുത്തു ഞമ്മക്ക് കിട്ടുന്ന സുഖം തന്നെയാണ് ഇതിനേക്കാളും വലിയ സുഖം നമുക്ക് വരാൻ പക്ഷേ പടച്ചോൻ അവർക്ക് കുറച്ച് നേരത്ത് കൊടുത്തു ഞമ്മക്ക് മരിച്ചിട്ട് തരേണ്ടത് പടച്ചോനവർക്ക് മരിക്കണിന് മുന്നേ കൊടുത്തു അവർക്ക് പളച്ചോൻ കൊടുക്ക ഞമ്മക്കാ പളച്ചോൻ പരലോകത്തെ സ്വർഗം തരുക അതുകൊണ്ട് കുമരേ നീ സംതൃപ്തനല്ലോ എന്നാണ് സഹോദര ഇടയ്ക്ക് ചോദിച്ചോളി ഹരലല്ലാത്ത ഒരു പൈസ കൈക്ക് ആ പൈസ കൊണ്ടൊരു സുഖം വേണമെന്നും ആ പണം കാണിച്ച ആളുകൾക്കിടയിൽ മാനിൻ ആകണമെന്നും ആ പണം കൊണ്ടു നടന്ന് ആളുകൾക്കിടയിൽ ബഹുമാന്യനാകണമെന്നും ചിന്തിക്കുമ്പോൾ ആ മനസ്സിനോട് ചോദിക്കല്ല മരിച്ചു കണ്ണിമ്പി കടന്നതിന് ശേഷം ഒരു സ്വർഗത്തിന്റെ സുഖങ്ങൾ കിട്ടുന്നതിൽ മനസ്സേ നീ സംതൃപ്തനല്ലേ എന്ന് ഉമർ ഹത്താബ് പ്രതി അള്ളാരുടെ സഹോദരങ്ങളെ ചോദിച്ച ചോദ്യം ഇടയ്ക്ക് നമ്മുടെ മനസ്സില് വരട്ടെ അതൊരു വല്ലാത്ത ജീവിത രംഗമാണല്ലോ സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കേണ്ട പറഞ്ഞില്ല ഹലാലായ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കർമ്മങ്ങളും കടമകളും മക്കളോടും കുടുംബങ്ങളോടും മതത്തോടും ഭാര്യയോടും ഒക്കെ നിർവഹിച്ചു കൊണ്ടൊരു നല്ല ജീവിതം നയിക്ക സഹോദരങ്ങളെ പക്ഷേ സുഖ എന്നതു മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി തീർക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞെന്ന് ആലോചിക്കണം പണ്ഡിതന്മാരെ ഈ തറഫ് എന്നാണ് തെറഫ് ഞാൻ ഈ ആയത്തൊക്കെ എടുത്ത് ആഡംബര ജീവിതം ആ ആഡംബര ജീവിതത്തിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ പണ്ഡിതന്മാർ എത്ര കരുതലോടെയാണ് സഹോദരങ്ങൾ നമുക്ക് പറഞ്ഞത് ഈ സുഖ ജീവിതത്തിന്റെ എല്ലാം മറന്ന സുഖ ജീവിതത്തിലെയും ആളുകൾ പരലോകോ സ്വർഗോ നിരകോ മാത്രല്ല സ്വന്തത്തിന്റെ അടിസ്ഥാനപരമായ ജീവിതത്തെ പോലും മറക്കുന്നതാണ് ഇതിന്റെ ഒന്നാമത് ദുരന്തം രോഗങ്ങളാണെന്നവണ് സഹോദരങ്ങളെ കിഡ്നിക്ക് ചികിത്സയിലാണ് എല്ലാവരും മനസ്സിലെ എത്ര ശതമാനം ആളുകളാണ് രോഗികളെന്ന് ആലോചിക്കുക സുഖ ജീവിതത്തിന്റെ അനന്തര ഫലം മനസ്സിലെ അരി വാങ്ങി പത്ത് ഉറുപ്പേക്ക് ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങി വീട്ടിൽ നിന്ന് ഭാര്യ മെനക്കെട്ടാൽ അരമണിക്കൂർ പാചകം ചെയ്ത് സന്തോഷത്തോടെ വീട്ടിന്റെ തീന്മേശയിൽ ആയിരം പതിനായിരങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ട് ഡൈനിങ് ടേബിളിരുന്ന് കളിയും ചിരിയും കൊണ്ട് കഴിക്കാവുന്ന നല്ല ഭക്ഷണത്തിന് പകരം രണ്ടായിരവും നാലായിരവും അരമണിക്കൂറും മുക്കാമണിക്കൂറും കാത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പുതിയ സംസ്കാരത്തേക്ക് വന്നപ്പോൾ നമുക്ക് പകരം കിട്ടിയത് സുഗലോലുപജീവിതത്തിന് രോഗങ്ങളാണ് സഹോദരങ്ങളെ രോഗം അമിതമായ തടി വണ്ണം ഇതൊക്കെ സുഖജീവിതത്തിന്റെ അനന്തര ഫലങ്ങളാണ് മടിയുടെയും മനസതയുടെയും നാലാളുകൾ ചെയ്യുന്ന ജോലി വീടുകളിൽ ചെയ്തിരുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഇന്ന് വീട്ടിൽ എല്ലാം ഒരുക്കി ഏത് വസ്ത്രം മുഴുവനും സഹോദരങ്ങളെ വാഷിംഗ് മെഷീനിൽ ഇട്ട് എല്ലാം തീർത്ത് അടിക്കാനും തുടക്കാനും പുറത്തുനിന്ന് ആള് വന്ന് സ്വന്തം ഭർത്താവിന് സ്നേഹത്തോടെ നൽകേണ്ട ഒരമണിക്കൂർ നേരത്തെ പാചകത്തിന് പോലും സമയമില്ലാതെ വന്നപ്പോൾ ഇന്ന് വീട്ടിൽ അധ്വാനിക്കുന്നതിലൊരു സമയം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നത് ജീവിതശൈലി മാറ്റത്തിന്റെ അനന്തരഫലം ഈ സുഖലോലുപീവിതം നമ്മുടെ മക്കൾക്ക് എന്തു നൽകുമെന്നറിയില്ല നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തു വരുത്തുമെന്നറിയില്ല സഹോദരങ്ങളെ രണ്ടാമത്തത് മടി കെസിൽ അലസത ഒന്നിനും ആൾക്കാർ റെഡിയാവൂലോന്ന് ഒരാൾ രോഗിയായി കിടന്ന് നിലവിളിച്ചാൽ പോലും അയാൾക്കൊരൽപം മരുന്നുമായി എത്താൻ പോലും ഒരൽപം എഴുന്നേൽക്കാൻ താമസം പിടിക്കുന്ന അലസതയാൾക്കാർ എന്ത് സീരിയസായ കാര്യം കണ്ടാലും ഒന്ന് ധൃതിയിൽ നടന്നു വരാൻ പോലും കഴിയാത്ത അലസതയിലേക്ക് ഈ സമൂഹം പരിവർത്തിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഗൌരവത്തോടെ കാണണം നമ്മുടെ കുടുംബങ്ങളെ ശീലിപ്പിക്കുന്ന ജീവിത നാം ലക്ഷ്യം വെക്കുന്ന ജീവിതമാറ്റം അൽ അപകടത്തോടെ നമ്മൾ കാണണം മൂന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞങ്ങള് പൈസക്കൊരു വലിയില്ലാത്ത കാലം മനസ്സിലെ തൊട്ടപ്പുറത്ത് ഇരുപത്തിയഞ്ച് റുപ്പ കൊടുത്താൽ സഹോദരങ്ങളിൽ ഒരു സദാ ഹോട്ടലിൽ നിന്ന് ഒരു ചോറ് കിട്ടും ആ ഇരുപത്തിയഞ്ച് രൂപ ഒരു വിലയുമില്ലാതെ നിരത്ത് ചാടി കിടന്നാൽ ഒന്ന് കുമ്പിട്ടെടുക്കാൻ മടിക്കുന്ന ഒരു കാലത്തിലേക്ക് പണം തിരസ്കരിക്കപ്പെടുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നൂറ് നോട്ട് കൊടുത്താൽ ഒരു സന്തോഷവുമില്ല എന്ത് ആ ഒരവസ്ഥയിലേക്ക് പണത്തിന് വിലയില്ലാതാവാൻ ഈ സുഖലോലുപീവിതം വരുമാനം എന്തുകൊണ്ട സഹോദരങ്ങളെ ഒരു നൂറ് രൂപയ്ക്ക് നടക്കേണ്ട കാര്യത്തിന് പതിനായിരം റുപ്യ കൊടുക്കുന്ന ഒരു പൈസക്ക് വല്ല ഒരു വില ഉണ്ടാവൂല സഹോദരങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് ഗൗരവത്തോടെ ഞാൻ നിങ്ങളും ആലോചിക്കണം ഭക്ഷണത്തിനൊരു കഷ്ണം നിലത്ത് വീണാൽ അത് കുത്തിയെടുത്ത് ഭക്ഷിക്കുന്ന ആ മൂല്യബോധത്തിൽ നിന്നും എവിടേക്ക് പോകുന്നു എന്നാലോചിക്കുക ഒളിവെടുക്കാൻ പൈപ്പ് തുറന്നിട്ടപ്പോൾ ഒരൽപം വെള്ളം ഒഴുകിപ്പോയപ്പോൾ മനസ്സിലുണ്ടായ വേദന ആ മൂല്യബോധം സഹോദരങ്ങളെ ആ വില നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിൽ നിന്നും പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടാൽ നാലാമത്തെ ദുരന്തമാഗതമാകും അത് പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് എന്താ സഹോദരങ്ങളെ ഇന്നത്തെ സുഗലോലപതിയിൽ നിൽക്കുന്നവർ ഒരു നാൾ കൈനീട്ടുമെന്നാണ് ഒരു നാൾ ഒരു പക്ഷേ ഗൾഫിൽ ജീവിച്ചവർക്കറിയാം ആ രംഗം സഹോദരങ്ങളെ സന്തോഷത്തിന്റെയും സുഗലോലുപതയുടെയും ജീവിതത്തിൽ ജീവിച്ചിരുന്ന ഒരു അറബു രാജ്യം ഒരു ദിവസത്തിൽ അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട ഒരു യുദ്ധത്തിൽ നിന്ന് അവിടുന്ന് തൊട്ടടുത്ത നാടുകളിൽ വന്ന് ഏറ്റവും ഉന്നതരായ പളുങ്കുമുത്തുകളെ പോലെയുള്ള കുട്ടികൾ സഹോദരങ്ങളെ ഹോട്ടലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഭക്ഷണത്തിന് യാചിക്കുന്ന രംഗം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകം കണ്ടു അതൊന്നും മറന്നു പോകരുതേ ഒരു നാളും രാവിലെ ഭക്ഷണം കഴിച്ചവൻ ഉച്ചക്ക് ഭക്ഷണത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി വന്ന് ഹോട്ടലിനു മുന്നിൽ ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോകുന്നവർക്കു നേരെ കൈനീട്ടിയിറങ്ങും മറന്നുപോകാതിരിക്കുക സഹോദരങ്ങളെ നാൽപ്പതിനായിരം കിട്ടിയാലും എൺപതിനായിരം കിട്ടിയാലും ഒരു മാസത്തെ ബഡ്ജറ്റിൽ അവസാനിക്കുന്ന ഈ ഒരു ജീവിത ശൈലി എവിടെ എത്തുമെന്നറിയുക ഇല്ല വീടില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ മരുന്നില്ലാത്തവർ അനേകായിരങ്ങൾ ചുറ്റും നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആഡംബരവും സുഗലോലുപതയും നാം ഒന്ന് ചിന്തിക്കുക നല്ലതാണ് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ സുഗലോലുപരായ സമൂഹത്തിന് അള്ളാഹു കൊടുത്ത മുന്നറിയിപ്പ് പോകാറായ ഈത്തപ്പനയും അതേപോലെ തന്നെ കൃഷിയിടങ്ങളും ഈ അരുവികളും ഈ തോട്ടങ്ങളും എന്നുമുണ്ടാകുമോ വത്തൻ ജിബാലി ബുത്തൻ ഈ ആഡംബരം നിറഞ്ഞ വീടുകളും ഭവനങ്ങളും എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചു പോയോ എന്നാൽ അടുത്തൊരു ശിക്ഷയ്ക്കുള്ള മുന്നറിയിപ്പായിരിക്കാം ഈ സുഗലോലുപജീവിതമെന്ന് സ്വാരനെ പിലൈസ്ലാം ആ ജനതയെ ഓർമ്മിപ്പിച്ചു സഹോദരങ്ങളെ അല്പം ഗൌരവത്തോടുകൂടെ കാര്യബോധത്തോടുകൂടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും നമ്മുടെ കടമകളെയും കർമ്മങ്ങളെയും നിർവ്വഹിച്ച് മുന്നോട്ടു പോകുവാനും സർവ്വശക്തനായ നാഥൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അഹമ്മദൻ ഫീൽ അള്ളാഹു മസ്സുല്ലാ മുഹമ്മദ് ഇൻ വാലാലി മുഹമ്മദ് കമാല്ലൈത്താല ഇബ്രാഹിം വാലാലി ഇബ്രാഹിം ഇന്ന ഖഹമീദ് മജീദ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുനു സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ കുട്ടികളെ വളർത്തുന്ന കാര്യം എല്ലാ സന്ദർഭത്തിലും ഇസ്ലാം ആവർത്തിച്ചോർമപ്പെടുത്തിയൊരു കാര്യമാണ് പലപ്പോഴും ഓർമ്മപ്പെടുത്തിയാണ് സൂറത്തുൽ ഉഖമാൻ ആ കാര്യത്തെ തന്നെ പഠിപ്പിക്കുന്ന ഒരധ്യായമാണ് ഏതു സന്ദർഭത്തിലും നാം രണ്ടു കാര്യങ്ങൾ നമ്മുടെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിച്ചേ പറ്റും ഒന്ന് സഹോദരങ്ങളെ നാം എന്തു മൂല്യങ്ങളെ ഉൾക്കൊണ്ടോ ആ മൂല്യങ്ങളെ അവർ ഉൾക്കൊള്ളണം നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിൽ നമ്മളോട് ബന്ധമില്ലാത്തൊരു കുട്ടി വളർന്നുകൂട നമ്മുടെ ഒരു കുട്ടിയേ വളരാവും എന്റെ വീട്ടിൽ എന്റെ ഒരു കുട്ടിയേ വളരാവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനവും നമ്മുടെ മൂല്യബോധവും നമ്മുടെ മത ചിന്തയും ഒക്കെയുള്ള ഒരു കുട്ടിയാ നമ്മുടെ വീട്ടിൽ വളരണം മനസ്സരി അത് നമ്മൾ വളർന്നു അതേപോലെ തന്നെ സഹോദരങ്ങളെ ഭാവി ജീവിതത്തിൽ ഉപകാരപ്പെടപ്പെടാവുന്ന ജീവിതത്തിന്റെ ചില മൂല്യങ്ങളെ അവരെ പഠിപ്പിച്ചേ പറ്റും അതിന് ചിലപ്പോൾ ചില നിയന്ത്രണങ്ങൾ ആവശ്യമായി വരും ചില ഉപദേശങ്ങൾ ആവശ്യമായി ചേരും അതേപോലെ തന്നെ സഹോദരങ്ങൾ ചില ഇടപെടലുകൾ ആവശ്യമായി വരും ഒന്നും ഇടപെടാതെ ഈ സമൂഹത്തിൽ മൊത്തം ആളുകൾക്കിടയിൽ കൂട്ടത്തിൽ കൂടി വളരുന്ന അത്തരമൊരു സ്കൂളിലും ക്ലാസ് പരിചയമുള്ള കുട്ടി നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ നാട്ടിന്റെ ശൈലിയാണ് ഈ നാട്ടിൻ്റെ സംസ്കാരമാണ് ആ കുട്ടി അമ്മോട് ചോദിക്കണേ നമ്മുടെ ദീനിന്റെ സംസ്കാരമല്ല കുട്ടി ചോദിക്കുന്നത് നമ്മളെ വീടിന്റെ സംസ്കാരമല്ല കുട്ടി ചോദിക്കുന്നത് വാപ്പയുടെ സംസ്കാരമല്ല കുട്ടി ചോദിക്കുന്നത് കുട്ടിക്ക് പരിചയമുള്ള കൂട്ടുകാരുടെ നാട്ടിന്റെ സംസ്കാരം ആ സംസ്കാരത്തിനോടൊപ്പം നമ്മുടെ കുട്ടികളെ വളർത്തിയാൽ ഒരു നാളിലും അവർ നമുക്ക് തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടും കുട്ടി ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ റസൂൾ ചെറുതായിട്ടൊന്ന് ഇടപെട്ടു ഇടത്തെ കഴിയുമ്പോൾ സ്നേഹപൂർവ്വം പിടിച്ചു എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടേ കഴിക്കുള്ളൂ വലത്തേ കൈയ്യോണ്ടേ കഴിക്കുള്ളൂ അതേ മാർഗുള്ളൂ വലത്തേ കൈയ്യോണ്ടേ കഴിക്കുള്ളൂ ഒന്ന് സ്നേഹപൂർവ്വമായി ഇടപെട്ടില്ലെങ്കിൽ ഒന്നു തടുത്തില്ലെങ്കിൽ ഒന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ ഈ നാടിന്റെ സംസ്കാരം നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ സംസ്കാരമായി മാറും അതുകൊണ്ട് നാട്ടിൽ എല്ലാവരും ഒരുപോലെയാണ് അവിടെ ആ സ്കൂളിലാണ് നമ്മുടെ കുട്ടി പഠിക്കുന്നത് ആ ക്ലാസ്സിലാണ് നമ്മുടെ കുട്ടി ഇരിക്കുന്നത് അവിടെ നമ്മുടെ കുട്ടി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ മതം നമ്മുടെ ബോധം നമ്മുടെ മൂല്യബോധം നമ്മുടെ കുട്ടികൾക്ക് നൽകിയേ പറ്റും ഇടക്കൊന്നിടപെടാൻ ഉപദേശങ്ങളായി ചിലപ്പോൾ ചെറിയ ശിക്ഷയായി കുട്ടികളിൽ ഒന്നും ഇടപെട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് വീണ്ടെടുക്കാനാവില്ല പ്രാർത്ഥനയുടെയും പ്രവർത്തനങ്ങളുടെയും അറിവിലൂടെയും ഒരു നല്ല ജീവിതം നയിക്കാൻ അള്ളഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹോ ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണമെന്നാഥാ തീഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് അപമാനങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമെന്നാഥ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും നീ രോഗശമനം പ്രദാനം ചെയ്യണമെന്നാഥ നിന്നെ കണ്ടുമുട്ടുന്നതുവരെയും ഈ തൌഹീദിന്റെ ശരിയായ വെളിച്ചം ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒരു സത്യവിശ്വാസിയായി ഇതിനെ കണ്ടുമുട്ടുവാനും ഞങ്ങൾക്ക് നീ അനുഗ്രഹം പ്രദാനം ചെയ്യണം എന്നാഥ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസൂയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ലതായ ഉദ്ദേശങ്ങളെ അഭിലാഷങ്ങളെത്തിയാഥാൽ